നിങ്ങൾ അവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവർ നിങ്ങളോട് ഒഴികഴിവുകൾ പറയും പറയുക നിങ്ങൾ ഒഴികഴിവുകൾ പറയേണ്ടതില്ല ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല നിങ്ങളുടെ വാർത്തകൾ അള്ളാഹു സുബഹാനഹൂവ ചായല ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തികൾ അള്ളാഹു സുബഹാനഹൂവ ചായലാവും അവന്റെ റസൂലും കാണും പിന്നീട് നിങ്ങൾ അദൃശ്യവും ദൃശ്യവുമായ കാര്യങ്ങൾ അറിയുന്നവൻറെ അടുത്തേക്ക് മടക്കപ്പെടും അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചതിനെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് വിവരിച്ചു